മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും അവശേഷിപ്പിച്ചു പോയതിൽ നിന്ന് ഓരോരുത്തർക്കും അവകാശികളെ നാം നിശ്ചയിച്ചിട്ടുണ്ട് നിങ്ങളുടെ സത്യപ്രതിജ്ഞയാൽ ബന്ധപ്പെട്ടവർക്ക് അവരുടെ വിഹിതം നൽകുക തീർച്ചയായും അള്ളാഹു സുബ് ഹാനഹുവറ്റ് ആല എല്ലാ കാര്യങ്ങൾക്കും സാക്ഷിയാണ്